പറയുക ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതാരാണ് പറയുക അള്ളാഹു സുബാനഹുവതാല തീർച്ചയായും ഞങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളിലോ ആണ് നേർവഴിയിലുള്ളത് അല്ലെങ്കിൽ വ്യക്തമായ വഴിപിഴച്ചവരാണ്